യുക്തായുക്തം അഭിവാചിതസം വിചാര വിചാരത്തെ വിശേഷിപ്പിക്കുന്നത് യുക്ത അയുക്താദിപമോ യുക്തമായി ഒരുവിന് യോജിച്ചത് അയുക്തമായ യോജിക്കാതെ ചേരുന്നതും ചേരാതെ അതിന് പ്രകാശിപ്പിക്കുന്ന മഹാദീപമാണ് അതിലൊരു വിളക്കാണ് ചോദിച്ചാൽ അഭിമാനിച്ച സാ താൻ എന്താണോ ആഗ്രഹിക്കുന്നത് അവനെയെല്ലാം സാധിച്ചു തരുന്നതും വളരെ വളരെ വലുതാണ് നിരന്തരം വിചാരമെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് പുതുമയുള്ള അങ്ങനെയുള്ള വിചാരം ത്തെ കുറിച്ച് പറയും വരത് കേട്ടില്ല അതാണ് പറഞ്ഞത് പര മൃഗാർത്ഥം എന്നോട് ചലൻ വിചാരം വലുതാകുന്ന നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയും നിരന്തരം പുതുമയുള്ളതായിരിക്കും ചെയ്യുന്ന ചിന്ത അത് വലുതാകുന്നു വിപുലമായ വിചാരങ്ങള അങ്ങനെ പറയുമ്പോഴും വിചാരം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നവിടെ നിന്നില്ല ഇവിടെ പറയുന്നത് വിചാരം അശക് സംസാര സംസാരമാകുന്ന സമുദ്രത്തെ തരണം ചെയ്യുന്നു ഉപകരിക്കുന്നു ഇപ്പൊ ജീവിതത്തെ തരണം ചെയ്യുന്നതിനൊന്നും ജീവിതത്തെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ജീവിക്കുക അവസാനം മോക്ഷമില്ല എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ട് മനുഷ്യൻ അതിനെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സമുദ്രത്തെ തരണം ചെയ്യുക എന്ന് പറയുന്നവരെ സമുദ്രത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തരണം ചെയ്യണമെന്ന് തിരകളിലൊക്കെ പെട്ട് അവിടത്തെ താഴ്ന്നു പോകാം പരാജയപ്പെട്ടു പോകാം അപ്പോ മനുഷ്യന്റെ ജീവിതം അതിന് തരണം ചെയ്യുക എന്നൊന്നാണ് അവസാനം മോക്ഷത്തിലെത്തി ചെയ്യുന്നത് അതിനെ നമ്മളിവിടെ ജീവിച്ചിരിക്കില്ല ജീവിതത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മോക്ഷത്തിലെത്തിച്ചേരാം ജീവിതത്തിൽ വിജയിക്കുന്നവർക്ക് മോക്ഷത്തിലെത്തിച്ചേരാം ധരിക്കുന്നവർ പരാജയപ്പെട്ടവരുടെ അത്താണിയാണ് മോക്ഷം ധരിക്കുന്നത് വിഷയം അവരവരുടെ അടുത്ത് എത്തത്തില്ല ജയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിനാണ്ടെങ്കിൽ രാമ സുന്ദർ തന്നെ വിചാരം വിസ്തൃതമായ വിചാരം എന്ന് പറയുമ്പോൾ വിചാരം ജീവിതത്തിൽ മുന്നോട്ട് പോകാവുന്നതാണ് മോക്ഷം വരെ എത്തിക്കുന്നതാണ് പിന്നെ അതെങ്ങനെ വിചാരം വിചാരം എങ്ങനെയാണ് ില്ല ഒരു വ്യക്തിയിലായാലും ചെറിയൊരു ഗ്രൂപ്പിലായാലും വിചാര ചിത്ര ഫലവത്താവുന്ന കേട്ടില്ല ആ പറഞ്ഞു ഡിസിഷൻ മേക്കിംഗ് വിചാരത്തിലൂടെ നമ്മള് തീരുമാനങ്ങൾ എത്തിച്ചേരണം ആ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കണം ഈ വിചാരത്തിൽ നിന്ന് കുഴപ്പമുണ്ട് വിചാരം പലപ്പോഴും വിചാരിച്ച് വിചാരിച്ച് വിചാരിച്ച് പോകത്തെയുള്ളൂ തീരുമാനത്തിലെത്തത്തില്ല അത് കുഴപ്പമാണ് ചിലർ ഒരുപാട് ചിന്തിക്കും പക്ഷെ തീരുമാനത്തിലെത്താൻ കഴിയത്തില്ല അവിടെയാണ് ഒരു ഉപദേശിക ആവശ്യം വരുന്നു അല്ലെ തീരുമാനത്തിലെത്താൻ സഹായിക്കുന്നവരാണ് ഉപദേശികൾ ഉപദേശകൻ ഗുരു എന്നൊക്കെ പറയുന്ന അവിടെ ആവശ്യമായിട്ടുണ്ട് ഇനി ചിലരങ്ങനെയല്ല വിചാരം ചെയ്യാതെ തന്നെ എത്തിച്ചേരും പ്രവർത്തിക്കുകയും അങ്ങനെ ഏറ്റവും വലിയ അപകടം ചിന്തിക്കില്ല പ്രവർത്തിക്കട വിചാരത്തിലൂടെ തീരുമാനത്തിനെത്തിച്ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാതിരുന്ന പ്രശ്നമാണ് വിചാരത്തിൽ വിചാരിക്കില്ലേ ഇല്ല പെട്ടെന്ന് അത് വലിയ പാട് തോന്നിയതൊക്കെ പ്രവർത്തിക്കും മനുഷ്യന്റെ മനസ്സിന് ഒട്ടും നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുക തോന്നിയതൊക്കെ പ്രവർത്തിക്കുക അവരെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാകും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാകും ഇന്നലെ ഇന്ന് നാളെയുമായിട്ട് അവർക്ക് വലിയ ബന്ധം ഇന്നലെ ഒന്ന് പറയും ഇന്ന് മറ്റൊന്ന് പറയും നാളെ വേറെ ഒന്ന് പറയും ഇന്നലെ ഒന്ന് പ്രവർത്തിക്കും ഇന്ന് വേറൊന്ന് പ്രവർത്തിക്കും അടുത്ത ദിവസം വേറൊന്ന് പ്രവർത്തിക്കും ശരിയായ വിചാരത്തിലൂടെയുള്ള പ്രവൃത്തിയാണ് അതിന്റെ ഗുണം ദോഷം വരും വരുന്ന ഒന്നും ചിന്തിക്കാതെ ഞാൻ ചാടിക്കയറി പ്രവർത്തിക്കും അതിന് നമ്മുടെ മുമ്പുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും ആര് നിങ്ങളാരും ട്രംപ് ട്രംപ് അയാളുടെ തീരുമാനങ്ങളും പ്രവൃത്തിയും പ്രഡിക്റ്റബിളല്ല ആർക്കും എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താണോ സിസ്റ്റമാറ്റിക്ക് അല്ല തോന്നിയതുപോലെ പറയും പ്രവർത്തിക്കും പിന്നെ അതിനെ മാറ്റും നാളെ വേറെന്ന് പറയും അത് മാറ്റും മാറ്റാൻ പാടില്ലാന്നല്ല വിചാരത്തിലൂടെ തീരുമാനങ്ങളിലെത്തിച്ചേർന്ന് എന്നിട്ടത് വിചാരത്തിലൂടെ തന്നെ മാറ്റാം മനുഷ്യന് തീരുമാനങ്ങളെന്ന് പറയുന്ന ഇരുമ്പോലൊക്കെയല്ല വളയാത്ത സാധനമാണ് മാറ്റേണ്ടി വന്ന മാറ്റണം പക്ഷെ അതിന്റെ പിന്നിലും വിചാരം വേണം ചിന്ത വേണം അയാൾ എന്തൊക്കെയാ കാണിച്ചുകൊണ്ടെന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നു അങ്ങനെ അത് പാടില്ല നമ്മൾ മുമ്പിൽ കാണുന്നതാ വിചാരിക്കാതെ പ്രവർത്തിക്കുക എന്തൊക്കെയാണ് നാടാ വലിയ ഉത്തരവാദിത്വമുള്ള സ്ഥാനം ഇരിക്കുന്നവർ ചിന്തിക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ലോകക്രമക്കുന്ന ബാധി രാജ്യത്തെയല്ല മുഴുവൻ ലോകത്തിലേയും ജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുത്തു കളയും സ്വയം മനസ്സിലാക്കാതെ അയാളൊരു ദിവസം പറഞ്ഞു ഒരു ഇന്റർവ്യൂ മറ്റുള്ളവർ പറയുന്ന കേട്ട് പ്രവർത്തിക്കുന്ന ആളെ ഞാനും പറയുന്നത് കൂടെ ഇവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്നൊരു ഇന്റർവിൽ പറയുന്നു ഞാൻ കേട്ടു നമുക്ക് ഉപദേശം വേണ്ട മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നു ആരിൽ വേണമെന്ന് തോന്നിയാൽ തീരുമാനം എടുക്കുന്നതിൽ നിന്നും മറ്റുള്ളവരുടെ ഉപദേശം ചെയ്യുക പൊതുവെല്ലാരും അങ്ങനെ ചെയ്യുന്നത് ഇത് വിവേകമില്ലാത്ത മനുഷ്യരും ഇതിനെയൊക്കെ സമൂഹം മുഴുവൻ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി അപ്പൊ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുക അത് നമ്മൾക്കെന്തോ ഒരു ന്യൂനത പോലെയാണ് പോരായ്മ പോലെയാണ് പലരും കരുത് അപ്പോ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് തീരുമാനങ്ങൾ എടുക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക അതാണ് സ്ഫാരം വിചാരം അതൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സഹായി പക്ഷെ ഇത് നേരെ വിപരീതമായ ഒരു സംഭവം പൊതുവേന്ന് കാണുന്ന ഒരു സംഭവം പലരത് സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുക ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് പോയി അവരെ അത് അവരുടെ ബ്രെയിനിനെ ക്ഷീണിപ്പിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത് ബ്രെയിനിന് അതുകൊണ്ട് അവര് എന്താണ് ചിന്തിക്കുന്ന കാര്യം തീരുമാനമെടുക്കുന്ന കാര്യം മറ്റാരെങ്കിലൊക്കെ അവരുടെ ചിന്താശല്യന്മാരായി ജീവിക്കും അത് വരുന്ന ഒരു പ്രശ്നമൊക്കെ വെച്ചാൽ അവരുടെ മനസ്സെപ്പോഴും ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഇല്ലായിരുന്നു അല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ലല്ലോ അപ്പോഴെല്ലാം നമ്മൾക്ക് അന്വേഷിക്കപ്പെടും പഴയകാലത്ത് നമ്മുടെ ശാസ്ത്രങ്ങൾ കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇവിടെ തന്നെ ഗുരുവിനെ അന്വേഷിക്കുക ഗുരുവിന്റെ അടുത്ത് പോവുക എന്ന് പറയുന്ന കോഹം കുത്തോഹത്തിതം പോലെയുള്ള വളരെ തത്വചിന്താപരമായ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയാ പോകുന്നു ഞാൻ ആരാണ് ഈ ലോകം എങ്ങനെയുള്ളത് എങ്ങനെയാണ് ഈ സംസാരത്തിൽ നിന്നുള്ള മോചനം ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തേടിയാണ് പഴയകാലത്ത് മനുഷ്യന് ഗുരുക്കന്മാരെ സമീപിക്കുന്നതെന്നാണ് ഈ ശാസ്ത്രങ്ങളെ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നവരുടെ യോഗ്യതകളെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരിക്കും മേധാവി പുരുഷോ വിദ്വാൻ മോഹാ പോഹ വിദക്ഷണ ചിന്തിക്കാൻ ശേഷിയുള്ളവനാണ് പോകുന്നത് ഓഹവും അപ്പോഹവും നിശ്ചയമുള്ളവനാണ് അങ്ങനെ കഴിവുള്ളവനാണ് പോകുന്നത് ഗുരുവിൻ്റെ അടുത്ത് ഗുരുവിന്റെ അടുത്തേല്ലെന്നു ഗുരു അവൻ എന്താണ് ഉപദേശിക്കുന്നത് വിചാരമാർഗമാണ് ഈ വഴിക്ക് നീ ചിന്തിക്കീ വഴിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നിന്റെ തീരുമാനം തീരുമാനം എന്ന് പറയുന്നത് ചിന്തിക്കുന്നവന്റെ ഉള്ളിലാണ് ഉണ്ടാകും ഇപ്പോ വിചാരത്തിനുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ് പഴയ കുരുക്കന്മാരെല്ലാം നമ്മളീ പറയുന്നത് ശാസ്ത്രങ്ങളൊക്കെ പറയുന്നു ഇന്നത്തെ മനുഷ്യർ അങ്ങനെയല്ല ഇന്ന് മനുഷ്യർ കുരുക്കന്മാരെ തേടി പോകുന്നു അവർക്ക് വിചാരം ചെയ്യാൻ ശേഷി ചിന്തിച്ചാൽ കൺഫ്യൂഷനായി പോകും ഒരു തീരുമാനത്തിലെത്തിച്ചേരാൻ പറ്റുന്നു അങ്ങനെ വരുമ്പം ഗുരു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാരെ സംബന്ധിച്ചെന്താണ് തനിക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാൾ തന്റെ ഡിമാൻഡുകൾക്കനുസരിച്ച് ഗുരു എന്ന് പറയുന്നത് എന്താണ് തനിക്ക് വേണ്ടി ചിന്തിക്കുന്നു തനിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കും താനം ആ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ താനിങ്ങനെ ഒരു കൺഫ്യൂഷൻ ആശയക്കുഴപ്പത്തിലൂടെ ഇങ്ങനെ ജീവിതം മുമ്പോട്ട് നോക്കുന്നു ഒരു ഗുരുന്നും ഈ പറയുന്ന ഒരാൾക്ക് അനുകരണീയമായിരിക്കുന്നല്ല ഗുരു തീരുമാനങ്ങൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ മുന്നിൽ നിന്ന് ഉൾക്കൊണ്ടേണ്ട പാഠം ഒരു എല്ലാ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങൾക്കായാലും അന്യന്റെ കാര്യങ്ങൾക്കായാലും ശരി വ്യക്തിയുടെ കാര്യങ്ങൾക്കായാലും സമൂഹത്തിൻ്റെ കാര്യങ്ങൾക്കായാലും ഒരു സ്വയം തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവനും ആ പാഠവല്യം ഉൾക്കൊണ്ടേ അതുപോലെ താനും തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ളവനായിത്തീരണം എന്നൊരു പാഠം അവൻ മരണം വരെ ഉൾക്കൊള്ളുന്നു ഇന്ന് പൊതുവെ അങ്ങനെ കണ്ടത് ഒരിക്കലും അവൻ അവന്റെ ഈ ആശയക്കുഴപ്പത്തിൽ നിന്നും മുക്തനാകത്തുമില്ല മരണം വരെ അവൻ ഒരിക്കലും തീരുമാനം എടുക്കുക അവൻ ഗുരുവിന്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ജീവിക്കുക ചിലപ്പോൾ തീരുമാനങ്ങൾ ഉണ്ടായ ഉണ്ടെങ്കിൽ പ്രതിക്ഷണം അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുത്തു കൊടുക്കാൻ ഒരു ഗുരുവിന് കഴിയില്ല ഇത് സമയമില്ല അപ്പോ തീരുമാനങ്ങൾ സ്വയമാണ് എടുക്കേണ്ടത് അതിനുവേണ്ടിയിട്ടുള്ള ഉപദേശം സഹായമാണ് ഗുരുവിൽ നിന്ന് കിട്ടേണ്ടതെന്നുള്ള ബോധം ഇല്ലാത്ത മനുഷ്യരാണ് ഇന്ന് ഗുരുവിനെ തേടി നടക്കുന്നത് അവരെന്തോ അതും വലിയ മഹത്വമായി സ്വന്തം ആശയക്കുഴപ്പങ്ങൾ തൻ്റെ മഹത്വമാണെന്ന് കാണുന്നു പൊതുവിൽ നിന്ന് അങ്ങനെയാണ് അവർക്കൊരിക്കലും അവരുടെ ജീവിതത്തെ സ്വന്തം നിലയ്ക്ക് നേരിടാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഒരിക്കലും കഴിവ് കഴിവില്ലാത്തവരായി തന്നെ അവർ ജീവിച്ചു വരും അതൊരു നല്ല കാര്യമല്ല അങ്ങനെയാണ് പിന്നെ ഈ വിചാരം എന്ന് പറയുന്നത് ഗുരുക്കന്മാര് മാത്രം ചെയ്താൽ മതി ശിഷ്യന്മാരെ വിചാരം ചെയ്യുന്ന ഗുരുക്കന്മാർ ഇവിടെ തന്നെ പറയുന്നത് ഒരു ശിഷ്യനോട് പറയണമെങ്കിൽ ഈ വിചാരം ചെയ്യുന്ന തീരുമാനം എടുക്കുക അല്ല ഇനി സംസാര സാഗരത്വം മറികടക്കാനുള്ള വിചാരമാണെന്നുണ്ട് ഇവിടെ പറയുന്നത് വ്യവഹാരത്തിൽ വ്യക്തമായും പറയുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ മനുഷ്യന്റെ വ്യവഹാരത്തിൽ അവൻ തീരുമാനങ്ങൾ വിചാരം ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തീരുമാനങ്ങൾ എടുത്തു മുമ്പോട്ട് പോകുക അതിന് മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരാളാണ് അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ വരുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കുന്ന ആളാണത് തീരുമാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടേതാകാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റേതാകാം പ്രത്യേകിച്ച് ഇന്നും നമ്മളൊരു ഡിജിറ്റൽ ഏതിലാണ് ഗ്ലോബൽ ഏതിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഓരോ മനുഷ്യന്റെയും തീരുമാനങ്ങൾക്ക് വ്യക്തിഗതമായ തീരുമാനങ്ങൾ വളരെ പ്രാധാന്യമുണ്ട് എവിടെ അവന്റെ ജീവിതത്തിൽ പക്ഷെ മനുഷ്യനെന്ത് ചെയ്യുന്നു സ്വയം യൂസ്ലെസ് ആകുന്നു വിചാരം ചെയ്യുന്നതല്ല ചിന്തിക്കുന്നതിന്റെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഹ്യൂമന്റെ അന്വേഷണം പൂർത്തി പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇന്നുവരെ ഈ കാലം വരെ മനുഷ്യന്റെ സർവൈവലും അഡാപ്റ്റേഷനും രണ്ടിനെ സഹായിച്ചതീരുമാനങ്ങളാണ് വിചാരവും തീരുമാനവും അന്ന് അവൻ ആദ്യമകാലത്ത് അവനവന്റെ വിചാരവും തീരുമാനം എന്ന് പറയുന്നത് കേവലവന്റെ മുഖ്യമായിട്ടും അവന്റെ ബ്രെയിനിനെ ആശ്രയിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നു ഇന്ന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ബ്രെയിൻ പ്ലസ് മെഷീനാണ് രണ്ടും കൂടെ ചേർന്നിട്ട എല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്നു ആരെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ കേവലം ബ്രെയിൻ മാത്രം ഉപയോഗിച്ചിട്ട് അത് ഗുണമാണോ ദോഷമാണോ എന്നത് കാരണം തെളിയിക്കേണ്ട കാര്യങ്ങൾ ഗുണമായിട്ട് വരും അത് ദോഷമായിട്ട് പ്രവചനാതീതമാണ് പക്ഷേ ഇന്ന് മനുഷ്യനങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞു രണ്ടു കൂടെ ചേർന്ന് തീരുമാനം എടുക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തിച്ച് വിചാരവും രണ്ടും കൂടെ ചേർന്നിട്ടാണ് ബ്രെയിൻ പ്ലസ് മെഷീൻ അങ്ങനെയാണെന്നും നോയിക്കൊണ്ടിരിക്കുന്നു അതേ പ്രധാനമായിട്ടും ഈ അതിനെ കുറിച്ചാണ് വിചാരിച്ചത് ശാസ്ത്രജ്ഞന്മാരുടെ നമ്മുടെ നിരന്തര സ്വാധീനിക്കുന്നു എല്ലാം വിദ്യാഭ്യാസം സാമ്പത്തികം രാഷ്ട്രീയം എല്ലാ തലങ്ങളിലും ഇതിന്റെ സ്വാധീനം വന്നു കഴിഞ്ഞു ആ സ്വാധീനം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഏത് മേഖലയിലാണ് എൻ്റെ സ്വാധീനമില്ലാത്തത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുന്നു അപ്പൊ നമ്മളുടെ ബ്രെയിൻ ഒറ്റയ്ക്കല്ല ഇപ്പൊ ചിന്തിക്കുന്നു ആ ചിന്തയിൽ വളരെ സ്വാധീനം ചെലുത്തുന്നു ഈ മെഷീൻ ഏ ആണല്ലോ ഞാൻ പറഞ്ഞതിന്റെ തെളിവാണ് ഈ ചോദ്യം എന്താണ് ആ മെഷീൻ നമ്മളെ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന നമുക്ക് പലർക്കും ബോധമില്ല അക്കാര്യമാണ് ഞാൻ പറയുന്നത് മനുഷ്യൻ അവന്റെ ബുദ്ധിയോണ്ട് കണ്ടുപിടിച്ചതാണ് അതുകൊണ്ട് അത് നമ്മളെ സ്വാധീനം ചെലുത്തുന്നില്ല എന്നല്ല നമ്മളതിനെ കുറിച്ച് ശരിക്കും ബോധവാന്മാരാണ് നമ്മളെ വലിയൊരളവിന് നമ്മളെ ചിന്തകളെ അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ടാണ് നമ്മളെ വലിയൊരളവരെ മനുഷ്യനെ എല്ലാവരെയും അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് അവൻ തന്നെ തിരിച്ചറിയാതെ പോകും അത് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം അവൻ വിചാരം ചെയ്യണം അവൻ ചിന്തിക്കണം നമ്മുടെ ചിന്താശേഷി ശേഷി നമുക്ക് ക്രമീണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ നമ്മൾക്ക് കിട്ടാത്തത് കാരണം നമ്മൾ സ്വയം ചിന്തിക്കുന്നില്ല തീരുമാനിക്കുന്നില്ല അവിടെ ഇതിലല്ല എന്താണ് നിരന്തരം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ നടന്നു ആ വിചാരം നടന്നാലും നമുക്കിന്ന് ഈ മെഷീനുകളുടെ സഹായം ഇല്ല നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത രീതിയിൽ നമ്മൾ പെട്ടുപോയിരിക്ക സ്വാധീനത്തിൽ പെട്ടുപോയിരിക്ക സഹായത്തിനെ നമുക്ക് ചിന്തിച്ചു പോകാൻ പറ്റും പക്ഷെ അത് നമ്മൾ വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ട് മാത്രമാണ് അത് അതിന്റെ ദോഷം ഭാവിയിലെങ്ങനെ വരുമെന്നും നമുക്കിന്നറിയത്തില്ല പക്ഷേ ഇന്നത് മനുഷ്യരിൽ ഗുണപരമായി പ്രവർത്തിക്കുന്നു നമ്മുടെ ശാസ്ത്ര സാങ്കേതികമായ മുന്നേറ്റങ്ങളെല്ലാം അതിനെ ആശ്രയിച്ചാൽ പോകും മനുഷ്യന്റെ ജോലി എല്ലാ സ്ഥലത്തും ലഘൂകരിക്കുന്നതാണ് അതായത് ഈ ചോദ്യം ചോദിക്കുന്നവർ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് വേറെ ഒക്കെ പോട്ടെ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നവരാണം നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനും ഈ മെഷീനും കൂടെ ചേർന്നിട്ടാണ് ഞാൻ പറഞ്ഞു അയ്യോ അതങ്ങനെ അത് ചിന്തിച്ചാൽ മനസ്സിലാവും അത് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു നമ്മൾ മനസ്സിലാകുന്നില്ല അങ്ങനെ വെറും പ്രലോഭനം മാത്രമല്ല നമ്മളതിന് വിധേയമായി ചിന്തിക്കുന്നു നമ്മൾ പദ്ധതികൾ തയ്യാറാക്കുന്നു നമ്മൾ പ്ലാനിങ്ങുകൾ ചെയ്യുന്നു എല്ലാം അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ചെയ്യുന്നത് ലോകത്തെ നമ്മൾ മനസ്സിലാക്കുന്ന അതിന്റെ ഇൻഫ്ലുവൻസിലാണ് ിൽ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ ഓവർലോഡ് അത് നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ നിരന്തരം തുറന്ന മനസ്സോടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഫേക്ക് ന്യൂസുകൾ അതിനമ്മൾ തിരിച്ചറിയുന്നില്ല അതിനനുസരിച്ചാണ് നമ്മൾ തീരുമാനം കിടക്കുന്നത് അങ്ങനെ നിരോധി വിഷയങ്ങൾ നിരവധി വിഷയങ്ങൾ നമ്മളതിൻ്റെ സ്വാധീനത്തിന് വിധേയമായിട്ടാണ് പലപ്പോഴും പറയാനുള്ളത് ഉള്ളതുപോലെ നിങ്ങൾ ഏകദേശം ഒരു ഭാഗത്ത് ഒരു കാര്യങ്ങളെയും നമുക്ക് വസ്ത്രനിഷ്ഠമായി വിലയിലെത്താൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ഫേക്ക് ന്യൂസുകൾ നിരന്തരം കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് മീഡിയ ഏജ് എന്ന് പറയുന്നതിന്റെ സവിശേഷം അത് നമ്മുടെ വിചാരങ്ങളോ ചിന്തകളോ സ്വാധീനിക്കുന്നുണ്ട് ഇനി നിങ്ങൾ മൊബൈൽ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് മോചനമില്ല നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മനുഷ്യരുമായിട്ടാണെങ്കിൽ മറ്റ് മനുഷ്യരിത്തരം മസ്തിഷ്കപ്രക്ഷാളനം ബ്രെയിൻ വാഷിംഗ് ബ്രെയിൻ ഹൈജാക്കിംഗ് ഇതിനൊക്കെ നിരന്തരം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മൊബൈൽ ഞാനത് ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞ് വാശി വിളിച്ച് സ്വിച്ച് ഓഫ് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഞാനുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുകൂടെ നിരന്തരം മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്ന മിസ്ഇൻഫർമേഷൻസ് അത് ഈ മെഷീനുകൾ ലോഡ് ചെയ്യുന്നതാണ് അതിന് നമ്മൾ അധീനരാണ് എന്റെ പരിഹാരമായിട്ട് ഇന്ന് ഇന്നത്തെ കാലം എല്ലാ രംഗങ്ങളിലും ഇതിന്റെ സ്വാധീനം വരുന്നുണ്ട് അതിന് പരിഹാരമായിട്ട് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിംഗ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് വിശദീകരിച്ച പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് യോജികൾ ബാലൻസ് ഇല്ലാതിരിക്കുക ആദ്യം പറഞ്ഞ അവസാനം പറഞ്ഞു എവിഡൻസ് ബേസ് ആയി ചെറിയ ഇനി ഒന്നുകൂടെ ഉണ്ട് അതെന്താ പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്നു യാതൊരു വെള്ളത്തിൽ വരച്ച വരവോ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ ഒരു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യാതൊരു സ്വാധീനവും നിങ്ങളുടെ മനസ്സിന് യാതൊരു തെളിച്ചും ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ മനസ്സ് ഈ ബുദ്ധി ഇതാരും തന്നതാ എന്തുകൊണ്ട് നിങ്ങളെങ്ങനെയായിപ്പോയി എനിക്ക് വളരെ അതിശയം ആ മുൻ രീതികളുടെ എന്താ ചെയ്യുന്നു എന്തായാലും അതിന് അല്പം താമസിച്ചാണെങ്കിലും വന്നതിന് അതങ്ങനെ വരേണ്ട കാര്യമില്ല ചിന്ത രണ്ടു തരത്തിലുണ്ടെന്ന് പറയും ഒന്ന് ഇൻസ്റ്റന്റ് ഇതൊക്കെ അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് അതിന് പറയും ഇതിപ്പോ പെൻഷൻ തുടങ്ങിയല്ല സ്റ്റോണേജ് എന്ന് കേട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ മനുഷ്യർ വന്ന ശേഷിയാണ് അത് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാലും രണ്ട് മൂന്ന് ദശലക്ഷം വർഷങ്ങൾക്കുമ്പ് നമ്മുടെ പൂർവികന്മാരെ സ്വായത്തമാക്കിയതാണ് ഇൻസ്റ്റന്റ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളുടെ അത് ഇതുവരെ എത്തിയിട്ടില്ല ഇതുവരെ നമ്മൾ എവിടെയായിരുന്നു നമ്മൾ ഈ പരിണാമത്തിന്റെ ഭാഗത്ത് പെടുന്നതല്ലേ എന്തെങ്കിലും പുതിയ ജീവി വർഗമാണോ മനുഷ്യപരിണാമത്തിലൂടെ വന്നതല്ലേ നിങ്ങൾ പരിണാമത്തിലൂടെ വന്നവരല്ലല്ലോ പുനർജന്മത്തിലൂടെ വന്നവരല്ലേ ഇതൊക്കെ സംഭവിക്കാം ഇതല്ല ഇത് വേദന അപ്പുറം സംഭവിക്കും ഞാൻ പരിഹസിക്കുന്നതല്ല നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് അതായത് രണ്ട് മൂന്ന് ദശലക്ഷങ്ങൾക്ക് മുമ്പ് അന്ന് മനുഷ്യനില്ല കേട്ട നമ്മുടെ പൊർവിയന്മാരെ കുരങ്ങുവർഗമാണ് ചിന്തയുടെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ് ഞാനെ കുറിച്ച് കുറച്ച് പറയാം അപ്പൊ അവര് വളരെ രസകരകാര്യമായ കാര്യം വന്നവര് മിക്കവാറും സസ്യ ബുക്കുകളായിരുന്നു ഇന്നത്തെ പോലെ അവര് പച്ചിലകളും പഴങ്ങളും ഭക്ഷിച്ചു ജീവിച്ചത് അവരിലുണ്ടായ ചിന്തകളും അവരുടെ ബ്രെയിൻ അന്ന് ഡെവലപ്പ് ചെയ്തതാണ് ഇൻസ്റ്റന്റ് ഉദാഹരണം പറയുന്നത് ഇന്ന് നമുക്ക് സംഭവിക്കുന്നതാണ് വളഞ്ഞു കുളഞ്ഞു കിടക്കുന്ന ഒരു വള്ളി ചവിട്ടിക്കഴിഞ്ഞ ഒറ്റ ചാട്ട് പാമ്പാണ് കാരണം അന്ന് അവരെ ഇത്തരം ജീവികളൊന്നും ഉണ്ടായി കടിച്ചു മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ ബ്രെയിൻ അതിജീവനത്തിന് വേണ്ടി സർവൈവലിന് വേണ്ടി അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തപ്പോൾ അവരുടെ ഉണ്ടായ ഒരു ചിന്തയാണ് ഇൻസ്റ്റന്റ് അതായിരുന്നു അന്ന് കൂടുതൽ ഒന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇര പിടിയന്മാരെ കുറിച്ച് ചിന്തിച്ചാൽ മതി നമ്മൾ ആരുടെ ഇരയാകും പിന്നെ അവർക്ക് ചിന്തിക്കുന്നത് ഭക്ഷണത്തെ കുറിച്ചാണ് ഏത് കഴിക്കാം ഏത് കഴിക്കാൻ പാടില്ല പിന്നെ മറ്റൊന്നവർക്ക് ചിന്തിക്കേണ്ടി വരുന്നത് ഷട്ടറിനെ കുറിച്ചാണ് ഇവിടെ ഇരുന്നാലാണ് സുരക്ഷിതമാകുന്നത് അവർ ഗുഹിക്കാത്തു കയറിയിരിക്കുന്നതാണോ അതായത് മരത്തിന്റെ മേൽ കയറിയിരിക്കുന്നതാണോ അതായത് കെട്ടിക്കാട്ടിപ്പോയിരിക്കുന്നതാണോ ഇതൊക്കെയാണ് അവർ ചിന്തിച്ച് അങ്ങനെ മനുഷ്യൻ കുറെ കാലം ജീവിച്ച് ഒരു രണ്ടു ലക്ഷം വർഷം ഒരു പതിനായിരം വർഷത്തിന് മുമ്പുള്ള ആ കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് മനുഷ്യന് പിന്നീട് വേട്ടയാടാൻ തുടങ്ങുന്നത് ശരിക്കും ഒരു മാംസബുക്കായി മാറി അപ്പാവൻ കെണികളെക്കുറിച്ചും വേട്ടയാടുന്ന രീതികളെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ മനുഷ്യൻ ചിന്തിച്ചു അപ്പോ അവന് പ്ലാനിങ് ഉണ്ടായി അവന്റെ ചിന്തയിൽ പ്ലാനിങ് ഉണ്ടായി അതെല്ലാം എന്തിനു വേണ്ടിയാണ് സർവൈവിന് വേണ്ടിയിട്ടാണ് അഡാപ്റ്റേഷന് വേണ്ടിയിട്ടാണ് മാറുന്ന പരിധി സ്ത്രീകളോട് യോജിച്ച് അതിജീവിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ചിന്തിച്ച് അപ്പോ അവൻ ഒരുമിക്കാൻ പോയി കാരണം വേട്ടയാടുന്നതിന് ഒറ്റയ്ക്ക് പോകുന്നതിൽ കൂട്ടം ചേർന്ന് പോകുന്നതാണെന്ന് അവൻ മനസ്സിലായി അവന്റെ വേണ്ടി അവൻ ഒരുമിച്ചു അപ്പോ പ്ലാനിങ്ങൊക്കെ വന്ന് ചിന്തയില് അപ്പൊ ഈ സമയത്തല്ല അവന്റെ ചിന്ത തീരുമാനങ്ങൾ ഇവിടെയൊക്കെ അവൻ തീരുമാനങ്ങളിലെത്തിച്ചേരും ചിന്തയും തീരുമാനങ്ങളും എല്ലാം അവിടെയൊക്കെ അവൻ സ്വീകരിച്ച് ട്രയൽ ആൻഡ് പെരട്ട് മെത്തേഡാണ് പരീക്ഷിച്ചു നോക്കുക ഫലവത്താണോ അവിടെ അവൻ പ്രത്യേകമായിട്ട് അവൻ ചിന്തയ്ക്ക് വന്ന മാറ്റം അപ്പം മനസ്സിലാക്കിയൊരു കാര്യം ഒന്ന് അപകടങ്ങൾ ഒഴിവാക്കുക അപ്പോ ഒരു കാട്ടിലൊരു ഇല അനങ്ങുന്നു പുല്ലനങ്ങുന്നു ചിലപ്പോൾ ഒരു മാനാകാം അല്ലെങ്കിൽ ഒരു പുലിയാകാം അല്ലെങ്കിൽ അന്നത്തെ ഏതെങ്കിലും ഒരു ജീവിയാകാം രണ്ടു ലക്ഷമെന്ന് പറയുമ്പോൾ മനുഷ്യനായി കഴിഞ്ഞു ഹോമോസാപ്പിയൻസായിട്ട് അപ്പോ റിസ്ക് എടുക്കാതിരിക്കും റിസ്ക് ഒഴിവാക്കും അങ്ങോട്ട് പോയി എന്താണോ പരിശോധിക്കാതിരിക്കുക കാരണം പരിശോധിച്ചായിരിക്കുന്ന ഒന്നറിയാം തീർത് മാനാണങ്ങൾ ഒരു റിവാർഡ് അപ്പോ റിവാർഡിനേക്കാളും അവൻ പ്രാധാന്യം കൊടുത്ത എന്താണ് റിസ്ക്കിനാണ് അത് വേണ്ട അങ്ങനെയാണ് ക്രമേണ അവന്റെ അവന്റെ ചിന്ത റാഷനിലായി ലോജിക്കലായി പിന്നീട് ഒരു പതിനായിരം വർഷം അവിടെയാണ് അഗ്രികൾച്ചർ റെവല്യൂഷൻ സംഭവിക്കും അപ്പൊ നിങ്ങൾ അവന്റെ ചിന്തകൾ മാറി വലിയ മാറ്റങ്ങളുണ്ട് അപ്പോൾ ചിന്തകളെല്ലാം തീരുമാനത്തിന് വേണ്ടിയാണ് അപ്പൊ അവര് തീരുമാനിക്കാൻ തുടങ്ങി എവിടെ കൃഷി ചെയ്യണം എന്ത് കൃഷി ചെയ്യണം ഏത് കാലാവസ്ഥ കൃഷി ചെയ്യണം കൃഷി ചെയ്ത് എങ്ങനെ സംഭരിക്കണം അപ്പോ വലിയ സംഘങ്ങളായി മനുഷ്യർ ഇതിനൊരു ടൈമിന് കൃത്യമായിട്ടുണ്ട് അത് ശാസ്ത്രന്മാർ കണ്ടുപിടിച്ച ഇപ്പോ നേതാക്കന്മാരുണ്ടായി റൂളുകളുണ്ടായി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണം പ്രവർത്തിക്കാൻ അപ്പോ അവിടെ ഒരു എന്താണ് വ്യക്തമായ ശക്തമായ തീരുമാനങ്ങളൊക്കെ എടുക്കുക ചിന്തയും തീരുമാനങ്ങളും തമ്മിലുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് അവനെന്ത് ചെയ്തത് ഭക്ഷ്യ ദൌർലഭ്യത്തെ പരിഹരിച്ചതും അവനതിജീവിച്ചതും പുതിയ കാലാവസ്ഥകളോടവൻ ത്വരുത്തപ്പെട്ടത് ഈ സമയത്താണ് അവൻ കൂടുതലും മൈഗ്രേഷനെക്കുറിച്ച് ചോദിച്ചത് എങ്ങോട്ട് പോയാൽ കൂടുതൽ സൗകര്യങ്ങൾ വരും കൂടുതൽ ചിന്തിച്ചത് ഈ സമയത്താണ് അങ്ങനെയാണ് ലോകം മുഴുവൻ വളരെ വ്യാപകമായും മൈഗ്രേഷൻ സംഭവിച്ചത് അത് കഴിഞ്ഞൊരയ്യായിരം വർഷം ഇവിടെ നിന്ന് ഞാൻ പറയും അപ്പോ മനുഷ്യന്റെ ജീവിത മാറി ചിന്ത മാറി അപ്പോൾ അവൻ മനുഷ്യൻ മോറൽസിനെ കുറിച്ചൊക്കെ വാർഫെയർ അവനെക്കുറിച്ച് ചിന്തിച്ച് ഭരണം എന്ന് പറയുന്നത് കൊന്നുകഴിഞ്ഞ് മനുഷ്യരുടെ അതിനെക്കുറിച്ച് അവന് ചിന്തിക്കേണ്ടി വരുന്ന തീരുമാനങ്ങളെടുക്കും ശക്തമായ ഏതാകന്മാരുണ്ടായി ഈ അയ്യായിരം വർഷത്തെ ഈ കാലയളവിലാണ് മോറൽസ് വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ ആത്മീയമായ ചിന്തകളും മതപരമായ ചിന്തകളും മതങ്ങളുടെ പ്രാകൃത രൂപങ്ങളുണ്ടായി വേദങ്ങളുടെ ഈ ഒക്കെ കാലഘട്ടം ചിന്തകൾ വരുന്നു ബാബിലോടെ ഒരു സംസ്കാരം സപ്പോർട്ടി സംസ്കാരം ഇവിടെയൊക്കെ ഭരണാധികാരികയും അവിടെയൊക്കെ റോഡുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഉണ്ടാക്കാൻ ആരംഭിച്ചു ഈ കാലഘട്ടം അപ്പോഴാണ് മനുഷ്യർ ഏറ്റവും സവിശേഷമായ ഒരു വിശേഷതയുണ്ടാവുന്നത് സ്റ്റോറി ടെല് അവന്റെ ഓർമ്മകളെ അവന്റെ ഭാവനകളെ കുറിച്ച് കഥകൾ ലഭിക്കുകയും അത് അവന്റെ അതിജീവനത്തിന് വേണ്ടി ചെയ്ത പുതിയ തലമുറകളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുക ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ടു പോകാൻ പറ്റും അപ്പൊ ഈ പാഠങ്ങൾ അവന് പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ സഹായിച്ചു പകർച്ച അവനെ നേരിടാൻ സഹായിച്ചു ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ സഹായിച്ചു കാലാവസ്ഥ വ്യതിയാനം അതിനെ അതിജീവിക്കാൻ അവരെ സഹായിച്ചു ഇവിടെയെല്ലാം ചിന്തകളും തീരുമാനങ്ങളും അങ്ങനെ പോയി വളർത്തി അത് കഴിഞ്ഞ് ദീർഘകാലം ലക്ഷ്യം ജീവിച്ചു അതിനിടയ്ക്കാണ് നമ്മുടെ ഈ പഴയ മതഗ്രന്ഥങ്ങളെന്ന് രാമായണ മഹാകാലം ഒക്കെ ഉണ്ടാവുന്നു തീർച്ചയായിട്ടും അത് നമ്മളെ അതിജീവനത്തിന് സഹായിച്ചാണ് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു നമ്മളൊന്ന് കാണാറുണ്ട് പൂച്ച അതിന്റെ കുട്ടിയെ പഠിപ്പിക്കുന്നു ട്രെയിനിങ് ചെയ്യിക്കുന്നു കാക്ക അതിന്റെ കൊഞ്ഞിന് ട്രെയിനിങ് കൊടുക്കുന്നു അതുപോലെ തന്നെ മനുഷ്യൻ ഒരു പൊസ്ത വഴുന്നില്ല തന്നെ ഉള്ളു എല്ലാ പ്രാണികളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് മനുഷ്യന് ഇങ്ങനെ ഒരു വിശേഷമായ ബ്രെയിൻ ഈ സ്റ്റോൺ ഏജിൽ തന്നെ ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ് മനുഷ്യന് ഈ പുരോഗതി എല്ലാം ഉണ്ടായത് ഇന്നത്തെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പായത് സ്റ്റോൺ ഏജിലാണ് ഇന്നും അതിന് ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി രൂപത്തിൽ മാറിയത് ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത് അതിന്റെ ഒരു മിസ്മാച്ച് ഇന്നത്തെ മനുഷ്യനെ അനുഭവിക്കുന്നുവെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതാണ് നമ്മൾ മെഷീന്റെ സഹായം തേടുന്നത് പ്ലസ് മെഷീൻ എന്ന് പറയും അല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇന്നത്തെ ഈ ലോകത്തിന് പറ്റിയ ബ്രെയിൻ നമ്മൾക്ക് ഇല്ല ഇപ്പോ ശരിക്കും മെഷീന്റെ സഹായം തേടിയേ പറ്റും ഗുണവും ദോഷമുണ്ടല്ലോ ഒരഞ്ഞൂറ് വർഷത്തിലേക്ക് വരുമ്പോൾ പതിനായിരം ആണ് സയന്റിഫിക്ക് ഹൈപ്പോസുകൾ ഉണ്ടാക്കുക എക്സ്പെരിമെന്റുകൾ നടത്തുക സയൻസ് പതുക്കെ എന്താണെന്നല്ലേ അത് പ്രായോഗികമായി മാറുക വർഷത്തെ പരിചയം പഴക്കമുള്ളതിന് ഇപ്പോൾ ആ പഴയ സ്റ്റോറിൽ നിന്നുള്ളത് മാറ്റിയിട്ടും എക്സ്പെരിമെന്റൽ അത് മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ അഞ്ഞൂറ് വർഷം കൊണ്ടാണ് പുതിയൊരു മാറ്റം സംഭവിച്ചത് ഈ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ റെവല്യൂഷന്റെ ഹിസ്റ്ററിയെ കുറിച്ച് മനസ്സിലാക്കാത്ത കൊട്ടന്മാരും പറഞ്ഞു പഴയ വേദങ്ങളുടെ ഋഷിമാരെല്ലാം കണ്ടുപിടിച്ച് നിർത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കെയുണ്ട് സാമ്പിറ്റീവികൾ അതുകഴിഞ്ഞ് പിന്നെ ഒരു ഇരുന്നൂറ് വർഷത്തിനിപ്പുറം സംഭവിച്ച കാര്യമാണ് ഈ അടുത്ത വ്യവസായ അവിടെയാണ് വലിയ മാറ്റങ്ങളും മനുഷ്യന് കൃഷി കണ്ടുപിടിച്ച് അവന്റെ ഭക്ഷ്യധാന്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയതും ആ സമയം മുതൽ അവൻ ട്രേഡ് ആരംഭിച്ചു ട്രേഡ് ചെയ്യും എക്കണോമിക്സും അവൻ കൂടുതൽ പരിചയപ്പെട്ടിട്ടു അതിങ്ങനെ വികസിച്ച് വികസിച്ച് ഈ ഒരു നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരോടിക്കുന്ന ആ തലത്തിലേക്ക് എത്തിച്ചേരും അപ്പോ കമ്പനികളുണ്ടായി ഫാക്ടറികളുണ്ടായി തൊഴിലാളികളുണ്ടായി പ്രസംഗങ്ങളുണ്ടായി പുതിയ പുതിയ സിദ്ധാന്തങ്ങളുണ്ടായി സംഘർഷങ്ങളുണ്ടായി അത് ഇരുന്നു റോഷത്തിനകം സംഭവിച്ചത് ഇവിടെയൊക്കെ മനുഷ്യനെ ചിന്തിക്കേണ്ടി വന്നു തീരുമാനങ്ങൾ എടുക്കേണ്ടി ലോകം ഒരുപാട് ദുരന്തങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി ലോകം ആയുധങ്ങൾ അത് ഫലമാണ് മനുഷ്യന്റെ ചിന്തയുടെയും തീരുമാനങ്ങളുടെയും ബലം തന്നെ അതുവഴി ഇന്നും നമ്മൾ എവിടെ എത്തി ചേർന്നു ഡിജിറ്റന്റെ ചിന്തയുടെ ഫലമാണ് ഗ്ലോബൽ ഏജിലെത്തിച്ചേർന്നു പഴയകാലത്ത് മുമ്പ് നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി ഇന്നത് പറ്റത്തില്ല ഇന്ന് ലോകത്തിലെവിടെ എന്ത് തീരുമാനങ്ങൾ സംഭവിച്ചാലും അതൊക്കെ നമ്മളെ ബാധിക്കും നമ്മളും അതിനനുസരിച്ച് മാറേണ്ടി വരുന്നു നമ്മളെ സ്വാധീനിക്കും മാറിയിരിക്കും നമുക്ക് അപകടം ഇവിടെ എന്താടും നടക്കുന്ന എന്താണ് മനുഷ്യന്റെ ചിന്തകളും അവന്റെ തീരുമാനങ്ങളും ചിലത് ശരിയായ തീരുമാനങ്ങളായിരിക്കും ചിലത് തെറ്റായ തീരുമാനങ്ങളായിരിക്കും പലതും കാലങ്ങളിലും തിരിച്ചറിയുന്നുണ്ട് പക്ഷെ തീരുമാനിക്കണം ചിന്തിക്കണം എന്നാലേ അവനെ അതിജീവിക്കാൻ പറ്റും ഇന്നത്തെ ചിന്തകളുടെ തീരുമാനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് ഗുണമുണ്ട് പക്ഷെ മനുഷ്യനിങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് മനുഷ്യവംശം നമ്മുടെ ആ കുരങ്ങുവർഗങ്ങളുടെ കാലം മുതലേ ഇന്ന് വരെ കടന്നു വന്നത് എങ്ങനെ അല്ല ഇതിനെപ്പോഴും മാറ്റം ഭാവിയിലും മാറ്റം സംഭവിച്ചുകൊണ്ടേ ഇന്ന് മനുഷ്യനെന്ത് ചെയ്യുന്നു പണ്ടില്ലാത്ത സംശയതെന്ന് ചെയ്യുന്നു വളരെ ദീർഘകാലത്തേക്ക് പ്ലാൻ ചെയ്യും മനുഷ്യൻ ഇന്ത്യക്കാർ പറയുന്ന എന്താണ് ഞങ്ങൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്പേസിൽ എത്തിച്ചേരും രണ്ടായിരത്തി നാപ്പത്തി അഞ്ചിൽ വികസിത രാഷ്ട്രങ്ങൾ എന്നൊക്കെ പ്ലാൻ ചെയ്ത പ്രവൃത്തി പക്ഷെ ഒറ്റയ്ക്ക് ഇന്നും മുന്നേറാൻ പറ്റില്ല കാരണം ഇത് പ്രശ്നമെല്ലാം ഗ്ലോബലാണ് ലോകത്തിന്റെ പല നയങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ നയങ്ങളും മാറ്റേണ്ടി വരും ട്രംപ് ഒരു താരിഫ് അടിച്ചർപ്പിച്ചപ്പോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു ജി എസ് ടി ജി എസ് ടി മാറ്റി അതുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മാറ്റം വരുത്തി പെട്ടെന്ന് മാറ്റം വരുത്തി പറ്റും ലോകക്രമങ്ങൾക്കനുസരിച്ച് നമ്മൾക്കും അറിയും ഇനി എന്ത് സംഭവിക്കും ആ ഭ്രാന്തരെന്തൊക്കെ കാണിക്കുമെന്ന് കണ്ടറിയും അതനുസരിച്ച് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്നും കണ്ടറിയും എന്തുകൊണ്ട് ഇത് ഗ്ലോബൽ ഏരിയ മനുഷ്യൻ അതിനനുസരിച്ച് ചിന്തിക്കേണ്ടി വരും ഒരു ഓപ്പറേഷൻസ് എന്തോ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അത് നടത്തി ചിന്തിച്ച അത് ചിന്തിക്കാൻ പറ്റിയില്ല അത് വളരെ പക്ഷെ അത് ചെയ്തപ്പോ ഒരാൾക്ക് നോബൽ സമ്മാനം കിട്ടണമെന്നുള്ള അതിന് വഴങ്ങിയില്ല വഴങ്ങാന്ന് എന്ത് ചെയ്തു താരിഫ് അടിച്ചേപ്പിച്ചു പ്രധാന കാരണം അതിനുവേണ്ടി റക്കം ഇന്ത്യയിലില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഇന്ത്യയിൽ വളരെ പ്രശ്നങ്ങളുണ്ടായി ഏകദേശം നൂറ് ബില്യൻ അടുത്ത് വരുന്ന കയറ്റുമതിക്ക് ഒരു ഇടിവുണ്ടാകും ഏകദേശം മുപ്പത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രശ്നം ചെറുതല്ല അതിന് പരിഹാരം കണ്ടെത്തണം പുതിയ വിപണികൾ കണ്ടെത്തണം അത്ര എളുപ്പമല്ല ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒരുപാട് തൊഴിൽശാലകൾ അടച്ചിടേണ്ടി വരും തൊഴിലാളികൾക്ക് പണിയില്ലാതെ വരും ഉൽപാദനം നിലകിൽ ഏറ്റവും വലിയ വിപണിയാണ് ക്ലോസീസർ ചെറിയ കാര്യമില്ല അതിന്റെ യും ഭവിഷ്യത്തുകളെക്കുറിച്ച് ജനങ്ങൾ വ്യാകരണരാകണ്ടെന്ന് വിചാരിച്ച് ചർച്ച ചെയ്യുന്നില്ലെന്നുള്ളതാണ് ശരിക്കും അത് ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കുന്ന കാര്യമാണ് പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം കണ്ടെത്തണം മനുഷ്യൻ ചിന്തിക്കണം തീരുമാനങ്ങൾ എടുക്കണം എന്തുകൊണ്ട് ലോകലേഖനം കൂടാതനുസരിച്ച് ചിന്തിക്കേണ്ടി വരും മനുഷ്യൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവന്റെ കാര്യങ്ങൾ ചിന്തിക്കണം മനുഷ്യൻ കൂട്ടായും ചിന്തിക്കണം രാജ്യം എന്നുള്ള എനിക്ക് ചിന്തിച്ച ഒരാ എന്താണോ ലോകം ഒന്നുള്ള ചിന്തിക്കണം അതുകൊണ്ട് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണോ ഗ്ലോബൽ വാമിംഗ് ഒരു രാജ്യത്തെ ചിന്തിച്ചാൽ മതിയാണ് സസ്റ്റൈനബിലിറ്റി ഒരു രാജ്യം ചിന്തിച്ചാൽ മതിയാണ് പാരിസ്ഥിതിക വിഷയങ്ങൾ ഒരു രാജ്യത്തിനായിട്ട് ചിന്തിക്കാൻ പറ്റില്ല നിരവധി വിഷയങ്ങൾ ഒരുമിച്ച് ചിന്തിക്കേണ്ടി പല കൂട്ടായ്മകളും ചിന്തയുടെ സ്വഭാവം മാറി ഈ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഈ സ്റ്റോണേജിൽ ഡെവലപ്പ് ആയതുകൊണ്ട് അത് മാത്രം കൊണ്ട് നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റില്ല മെഷീൻ്റെ സഹായം തേടും അങ്ങനെ വരുമ്പോൾ അത് പലപ്പോഴും നമുക്ക് മിസ്ഇൻഫർമേഷൻ വരും അതാണ് വേറൊരു നമ്മൾ ഏ ആശ്രയിൽ അതിൽ നിന്ന് നമുക്ക് വരും മിസ്ഇൻഫർമേഷൻ കിട്ടും ദോഷമുണ്ട് ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല ഗുണമുണ്ട് പക്ഷെ ചിന്താ തീരുമാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിനും ബാധിക്കുന്ന ഒരു കാര്യമാണ് നിലനിൽപ്പിനും നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ അതിജീവനത്തിന് അത്യന്തം അപേക്ഷിതമായൊരു കാര്യമാണ് അല്ലെങ്കിൽ മനുഷ്യൻ നിലനിൽക്കാൻ ഭാവിയില് നമ്മൾ ചിന്തിക്കിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നിസ്സഹരായി പോയി പോകുന്ന ചില രംഗങ്ങളിൽ ഇന്നുമുണ്ട് മനുഷ്യർ അത്യന്തം വിനാശകരങ്ങളായ അണുവായുധങ്ങൾ മനുഷ്യനെ ഉണ്ടാക്കി സൂക്ഷിച്ചു ഇത് മനുഷ്യന്റെ ഈ ഭൂമുഖത്ത് നീക്കുന്ന സാധനമാണ് എന്നാലും മനുഷ്യനതുണ്ടാക്കി സൂക്ഷിച്ചു വരുന്നത് അതിന്റെ അപകടത്തെ കുറിച്ച് മനുഷ്യന് ബോധവാനാണെങ്കിലും മനുഷ്യനത് ഒഴിവാക്കാൻ കഴിയുന്നു സ്വന്തം നാശത്തിന് വേണ്ടി ഇതെല്ലാം കൂട്ടിവയ്ക്കുന്നു ഇതാണ് ഭാവിയിൽ മനുഷ്യൻ നേരിടുന്ന ചിന്തയിലെ പ്രശ്നങ്ങൾ ഇതുപോലെ നിരവധി വിഷയങ്ങളും പാരിസ്ഥിതിക വിഷയങ്ങളും എല്ലാം ഇതുപോലെ മനുഷ്യൻ ചിന്തിച്ച് പരിഹരിക്കേണ്ടാണ് പക്ഷെ മനുഷ്യനത് കഴിയുന്നത് അവിടെ മനുഷ്യൻ നിസ്സഹായനായി പോവും ഇതൊക്കെ ഇന്ന് ചിന്തകന്മാര് ചിന്തിക്കുന്ന കാര്യം നമ്മളിതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ലാതെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള നമ്മുടെ ഒരു വലിയ കഴിവ് തന്നെയാണ് പക്ഷെ എല്ലാ മനുഷ്യരും അങ്ങനെയല്ല മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ സുസ്ഥിരതയെ ചിന്തി മനുഷ്യരുതെല്ലാം ഇവരെ ചിന്തിക്കുന്നു പരിഹാരങ്ങൾ അവർ തേടുന്നു നമ്മൾ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ദൈനംജല ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പോലും നമ്മൾ ഗുരുക്കന്മാരെ തേടിയെടുക്കുകയാണ് ആര് നമുക്ക് വേണ്ടി ചിന്തിക്കും അവർ നമ്മളെ നമുക്ക് ചിന്തിക്കാൻ വയ്യ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വയ്യ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പുരോഗതിയോ ഉണ്ടാവുന്ന ഒരു പുരോഗതി ഉണ്ടാവും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് ആശയക്കുഴപ്പത്തിനും പോട്ടു പോകും രണ്ടാമത് ആശയക്കുഴപ്പത്തെ കുറിച്ചും ബോധമില്ലാത്ത അവിവേകം നമ്മളെ മൂടിയിരിക്കും അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചും ബോധം ബോധശൈന്യന്മാരായിരിക്കും അതാണ് നമുക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ചിന്തിക്കുകയും തീരുമാനങ്ങളെക്കും ചെയ്യാതെ വരും ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത് ചിന്തിക്കുക തീരുമാനങ്ങൾ എടുക്കുക വ്യവഹാരത്തിൽ തന്നെ മനുഷ്യൻ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു കാര്യമാണ് പഴയകാലത്ത് ഇതൊക്കെ പറഞ്ഞു വെച്ചാണ് പക്ഷെ നമ്മളിത് വിസ്മാക്സാണ് യോജിക്കുന്നില്ല അതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ നമ്മൾ ആ ഒരു ശേഷി നമ്മളിലുണ്ട് അതിനുവേണ്ടി നമ്മുടെ ബ്രെയിൻ ഞാൻ അതിനുവേണ്ടിയിട്ട് പറയും നമ്മുടെ ബ്രെയിൻ അതിനുവേണ്ടി ഡെവലപ്പായില്ല വളരെ മുമ്പേ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കും അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുപയോഗിച്ച് നമ്മൾ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്രാപ്തരായി മാറി നമ്മളെ സഹായിക്കുന്ന ഉപദേശങ്ങൾ എവിടെ നിന്ന് സ്വീകരിക്കും അവിടെയാണ് ഒരു ഗുരുവിന്റെ ആവശ്യം ആത്മീയരെ കുറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് മനുഷ്യന് വേണ്ടത് മറിച്ചുള്ളതും എന്താണോ അവിവേകത്തിന്റെ കാഴ്ചപ്പാടാ എന്നാണ് ഇവിടെ ഈ പറയുന്നതെന്ന് മനസ്സിലാവും ഈ ഒരു പ്രകടനം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വിചാരം ചെയ്യുക ചിന്തിക്കുക എന്തിന് തീരുമാനങ്ങൾ എടുക്കുക എന്തിന് അതനുസരിച്ച് വ്യവഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ പ്രവൃത്തികൾ അതിനനുസരിച്ച് മുന്നോട്ട് ഏതുവരെ മോക്ഷം വരും അതിനൂടെ പറഞ്ഞ സ്പാരം വിചാരം ആശ്രിത്യ ഇത് വളരെ വലുതാണ് വിചാരത്തിന്റെ മേഖല എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും പുതുമയുള്ളതായിരിക്കും അത് ഫലപത്തായി തീരുമാനങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നതിലും പ്രവർത്തികൾക്ക് ഉചിതമായ പ്രവർത്തികൾക്ക് പ്രേരിപ്പിക്കുന്നതിനും അനുചിതമായ കാര്യങ്ങളും നമ്മളെ പിന്മാറ്റുന്നതായാലും അത് എന്താണ് ജീവിതത്തിൽ അവസാനം വരെ എത്ര കാലം ചിന്തിക്കുന്നതിന് ശേഷിയുണ്ടോ അത്രയിലാണ് ഈ പ്രക്രിയ തുടരുക അതേ നമ്മളെ മുതലിൽ ഒരു വഴിയായിട്ട് അതുവരെ ചിന്തിക്കാൻ ശേഷി നഷ്ടപ്പെട്ടു എന്ന് തീർന്നു അതുവരേക്കും നമ്മൾ വിചാരത്തെ ആശ്രയിച്ചു തീരുമാനങ്ങൾ സ്വയമെടുക്കും അതാണ് കൂടെ പറയുന്നത് അപ്പോ അതിന് നമ്മുടെ ആശയക്കുഴപ്പങ്ങൾക്ക് നമ്മൾ ആത്മീയതാന്ന് പേര് കൊടുക്കരുത് പിന്നെ ആത്മീയത വേണ്ടുന്നൊരു യാതൊരു ബന്ധവും ആത്മീയത എന്ന് പറയുന്നത് എന്താണോ മനസ്സിന്റെ ക്ലാരിറ്റിയാണ് ചിന്തകളുടെ തെളിമയാണ് ആന്തരികമായ വ്യക്തതയാണ് അതാണ് അത് കേതോ എന്ന് പറയും അപ്പൊ അത്തരത്തിലുള്ള ഒരാത്മീയത അതിനേണ്ടിവിടെ മുന്നോട്ട് വന്നു പോയി ജ്ഞാനം പറയും അതാണ് സ്ഫാരം വിചാരം ആശക്തി ആ സംസാരതലത്തിൽ തന്നെ തരണം ചെയ്യണം വീണ്ടും ഇതാവൃത്തി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വീണ്ടും ഞാൻ പറയാം കാരണം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാല് അത് പതിയുന്നല്ലോ വിചാരസീത അതില്ലാത്തതുകൊണ്ടാണ് കേവല യാന്ത്രികമായ ജീവിതം നയിക്കുന്നുണ്ട് അതാണ് സംഭവിക്കുന്നത് ഇന്നിടത്തെ പോലെ തന്നെ ഒരു മാറ്റം അതുപോലെ തന്നെ ആയിരിക്കും നാളെയും അപ്പോ വിചാരത്തിന്റെ ആവശ്യമില്ല വിചാരിക്കുന്നതിന് അവസരമില്ല ഇതൊന്നും ഒഴിഞ്ഞിരിക്കത്തില്ല വാസിഷ്ടത്തിനിങ്ങനെ ചില മഹത്വങ്ങളൊക്കെ ഉണ്ട് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കാം രാജ്യാനി മൂഢ കാലവശേരേ അങ്ങനൊന്നും പറഞ്ഞു ആലോന ഹൃദയാം പോവിച്ച മഹാമോഹമതങ്കേ ശുദ്ധാരോ നാമകേശരി ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ പറയും വിചാരം എന്ന് പറയുന്ന എന്താണ് മനസ്സിന്റെ ശുദ്ധതയാണ് അതുകൊണ്ടാണ് വിചാരണാമ ശുദ്ധാത്മാ വിചാരണത് ശുദ്ധ സ്വരൂപമാണ് സ്വന്തം തെളിഞ്ഞ നമുക്ക് വ്യക്തത എന്തിനെക്കുറിച്ച് വ്യക്തത നമ്മുടെ ജീവിതത്വത്തെ നമുക്ക് വ്യക്തത വരുത്തുന്ന ചിന്ത അങ്ങനെ എന്താണ് ജീവിതം എങ്ങനെ ജീവിക്കണം എങ്ങോട്ടാണ് പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള വ്യക്തത വരുന്നത് ഭഗവത്ഗീത രാമായണമൊക്കെ കാണാതെ പിടിച്ച് ശ്ലോകങ്ങൾ കാണാതെ പിടിച്ച് അർത്ഥവും നിലപ്പാടും പ്രസംഗിക്കുന്നുണ്ടെന്നും യാതൊരു കാര്യമില്ല നിങ്ങളിന്നും പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യമില്ല ഏയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കും എന്താണ് ഭഗവത്ഗീതയുടെ സാധനം നിങ്ങളുടെ ആവശ്യമില്ല ആർക്കെങ്കിലും ഗീതയിൽ എന്താണ് ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് മതപ്രഭാഷണം നടത്തേണ്ടെന്നില്ല പിന്നെ ഇന്ന് നിങ്ങളെയൊക്കെ വിളിച്ച് മതപ്രഭാഷണം നടത്തുന്നു വെച്ചാൽ നിങ്ങളെ ആൾക്കാർ ബോധമുള്ളവരല്ല അവർക്ക് ഏതോട് ചോദിച്ചാൽ കൃത്യമായി പറയുന്നത് ഇന്ന് അതാണ് ഗീത നിങ്ങളുടെ ആവശ്യം പിന്നെ അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് വെളിച്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നതിന്റെ ആവശ്യമല്ലേ ഇതൊന്നും ആവശ്യമില്ല പിന്നെ എനിക്കിങ്ങനെ ഒരു മാർഗറ്റുള്ളതുകൊണ്ട് ഞാനിതുകൊണ്ട് ഉപയോഗിക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ എനിക്കും പണിയില്ലാതെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുള്ള എന്റെ ഒരു ഭാഗ്യം ഞാൻ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്നാണ് കുറച്ചു കഴിഞ്ഞാൽ അതിന് മാസമില്ല കാലം മാറിക്കഴിഞ്ഞു ലോകം മാറും മനുഷ്യർ ബുദ്ധിമാന്നാലാണ് വെച്ചാൽ ബുദ്ധിമാന്നാൽ അവർ കൂടുതൽ ചാതുര്യമുള്ളവരാണ് വെച്ചാൽ മനുഷ്യർ കൂടുതൽ കണ്ണിങ് ആണ് അതാണ് അവരുടെ പുതിയ വൈശിഷ്ട്യ നമ്മളവരെ കയ്യിലെടുക്കാൻ നോക്കി അവർ നമ്മളെ കയ്യിലെടുക്കും ആ കാലമൊക്കെ പോയി അതാണ് ലോകം മാറിക്കൊണ്ടിരിക്കുക ഇന്നിപ്പോ ആരെങ്കിലും ഒരാൾ ്രമിച്ചു പോലെ ഭക്തനൊന്നും പറഞ്ഞു വന്ന് കാര പഠിക്കാൻ നോക്കിയാലും അങ്ങനെ അധികം താമസിക്കാതെയാണ് അവൻ കാല് വാരിയിട്ട് പോയി യാതൊരു സംശയവും എല്ലാം മനുഷ്യന്റെ നാട്യമാണ് അവനെല്ലാം അറിയാം എന്നിട്ടൊന്നും അറിയാത്തവനെ പോലെ നടിക്കും എന്നിട്ട് നമ്മളെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഭക്തന്മാരെന്ന് പറയുന്ന ഒരു വർഗത്തെ എന്റെ ഏഴത്ത് കയറ്റത്തില്ല ഒരു വലിയൊരു മധുരം കട്ടി അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഭക്തന്മാർക്ക് പ്രവേശനമില്ല അങ്ങനെയാണെങ്കിൽ പരിശോധിച്ചു ഏതിനവരെ എന്റെ അടുത്ത് വരും പുരുഷന്മാരെ അതാണ് ഒരിക്കൽ വർഷങ്ങൾ മുമ്പ് അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ഒരുത്തനും വിശ്വാസം ഇല്ല ഒരുത്തനു വെച്ചാല് ഈ ഭക്തന്മാരാരും വിശ്വാസം ഇല്ല ഞാൻ ഇപ്പൊ പറയുന്ന നമ്മൾ വിചാരം ചെയ്യണം ഇതെന്ത് രക്ഷപ്പെടണം അത് തന്നെയാണ് ഇതിനൊക്കെ പരിഹാരമായിട്ട് പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമല്ല പറയാം പരിഹാരത്തെ കുറിച്ചും പറയാം നമ്മുടെ വിചാരം നമ്മുടെ വിചാര ശേഷി ഉദ്ദീപിക്കുക ചിന്തിക്കുക തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുക അതാണ് എന്റെ ഒരു പരിഹാരം അപ്പോ വിചാരമെന്ന് പറയുന്ന ഇതാണ് ശുദ്ധാത്മാ അത് പരിശുദ്ധമാണ് അതൊരു രൂപകത്തിലൂടെ കാര്യങ്ങളെ പൂജ പ്രോഗിച്ച മനുഷ്യന്റെ വിവേകം വിവേകമാകുന്ന താമരം അതിനെ ആനൂനം പറിച്ചെടുക്കുന്ന വിവേകത്തെ നശിപ്പിച്ചു കളയുന്ന മഹാമോഹം മതങ്കജ മഹാമോഹമാകുന്ന അവിവേകമാകുന്ന മതംഗജം മതയാനകൾ എന്നുവെച്ച വിവേകം നമ്മുടെ വിവേകത്തെ നിരന്തരം അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ് വിവേകമെന്ന് പറയുന്നത് അറിവ് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അറിവാണല്ലോ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ വിവരമില്ലായ്മ നമ്മുടെ ഉള്ളിലുണ്ട് ആ വിവരമില്ലായ്മ നമ്മുടെ വിവരത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അങ്ങനെ നശിപ്പിക്കുന്ന മഹാമോഹമത വിവേകമില്ലായ്മയാകുന്ന മഹാമതം ഗജ മതയാനങ്ങളെ വിതാരേ ശുദ്ധാത്മാ വിചാരണം മതയാനക്ക് പേടി സിംഹത്തെയാണ് സിംഹത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് അതായത് തുമ്പിക്കൈലൂടെ ചാടിക്കയറി മസ്തകത്തിലിരുന്ന് തന്റെ കൈകൊണ്ട് അതിനെ അടിച്ചു പിളർന്ന് അതിന്റെ തലച്ചോറ് വച്ചിട്ടുള്ളൂ എന്നാണ് കഥയിൽ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള വിചാരമെന്ന് പറയുന്ന കേസിന് സിംഹം പിതാരെ ഈ മതയാനങ്ങളെ അടിച്ചു തകർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിവേകത്തിന്റെ പ്രകാശം കൊണ്ട് എല്ലാവരുടെ ഉള്ളിലോടും അതില്ലാത്ത ഒരു മനുഷ്യനുണ്ട് പക്ഷെ അതിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിവരമില്ലായ്മ മൂടുന്നു ആ വിവരമില്ലായ്മയെ വിചാരം കൊണ്ട് പരിഹരിക്കും വിചാരമാണ് എന്താണ് ചിന്തിക്കുക എപ്പോഴും അത് ചെയ്തുകൊണ്ടേയിരിക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും സ്വന്തം വിചാരങ്ങൾ കൊണ്ട് തന്റെ വിവരമില്ലായ്മയെ പരിഹരിച്ച ഒരു മനുഷ്യൻ അങ്ങനെ ഒരാളില്ല ലോകത്ത് അങ്ങനെ ഒരാളെ തേടി കിടക്കരുത് ഇത് നിരന്തരമായൊരു പരിശ്രമമാണ് എല്ലാവർക്കും വേണ്ട നിരന്തരം ഇത് പരിശ്രമിച്ചുകൊണ്ടേ അല്ലാതെ ഇതെല്ലാം ചെയ്തു വച്ചിട്ട് ഈ വിവരമില്ലായ്മയൊക്കെ നശിപ്പിച്ചിട്ട് വിവേകിയായി ഇരിക്കാമെന്നാലും കരുതണ്ട ഇതൊരു പ്രോസസ്സാണ് അവസാനമില്ലാത്ത പ്രോസസ് അവസാനം വരെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് അറിവ് നേടുക അറിവില്ലായ്മയെ നശിപ്പിക്കുക ചില വിഷയങ്ങളിൽ നമുക്ക് കുറച്ച് മെച്ചപ്പെട്ട അറിവ് നേടാൻ പറ്റും അതുകൊണ്ട് എല്ലാ അറിവില്ലായ്മയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും എന്നും പഠിച്ചുകൊണ്ടിരിക്കണം എന്നും അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നും അതിനെ കുടുങ്ങിക്കൊണ്ടിരിക്കണം എന്നും അറിവില്ലായ്മയെ പരിഹരിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ വളരെ എക്സ്പെർട്ടായിരിക്കും ഓക്കെ നല്ലത് പക്ഷെ അറിവില്ലായ്മ പല ഭാഗങ്ങളിലും അതിനെ പരിഹരിക്കുന്ന കാര്യങ്ങളും കൂടെ അതാണ് ആനൂലഹൃദയാ മഹാമോഹമതംഗജ ശുദ്ധാത്മാ വിചാരോ നാമകേസീതാര